വേദക്കാരെ നിങ്ങളുടെ മതകാര്യങ്ങളിൽ അതിരുകടക്കരുത് അള്ളാഹു സുബഹാനഹുവറ്റ ആലായെക്കുറിച്ച് സത്യമല്ലാതെ മറ്റൊന്നും പറയരുത് മസീഹായ മറിയമ്മിന്റെ മകൻ റയ്സ അലിഹിസ്സലാം അള്ളാഹു സുബഹാനഹുവറ്റ ആലായുടെ ദൂതനും അവൻ മറിയത്തിന് നൽകിയ വചനവും അവനിൽ നിന്നുള്ള ഒരാത്മാവുമാണ് അതിനാൽ നിങ്ങൾ അള്ളാഹു സുബഹാനഹുവറ്റ ആലായിലും അവൻറെ ദൂതന്മാരിലും വിശ്വസിക്കുക മൂന്നുപേരാണ് എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ അത് മതിയാക്കുക അത് നിങ്ങൾക്കുത്തമമായിരിക്കും അള്ളാഹു സുബഹാനഹുവറ്റ ആല ഏകനായ ദൈവമാകുന്നു അവന് സന്താനമുണ്ടാവുക എന്നത് അവൻ എത്രയോ പരിശുദ്ധൻ ആകാശഭൂമികളിലുള്ളതെല്ലാം അവനുള്ളതാണ് കാര്യവിചാരകനായ അല്ലാഹു സുബാനഹുവറ്റ ആലാമതി